എന്നുവച്ച സമേന്ദ്രം നമുക്ക് എന്താ നമ്മുടെ ബാഹ്യവധിഷ്ഠ നിഷ്കർമ്മമാകത്തേ പദ്മജീവൻ മുക്തനായിരിക്കണം എന്നുള്ള കാര്യം ജീവിതത്തിൽ മുക്തനായിരിക്കും ജീവിച്ചിരിക്കുമ്പോ തന്നെ മുക്തനായിരിക്കണം പറയുമ്പോ അത്തരൊരു വ്യക്തിയുടെ മാനസികഭാവം ഏതൊരു മാനസികഭാവം വല്ലാണ്ട് കാണുന്നത് മുക്തനായ ഇവിടെയൊന്നും ഈ ശങ്കരാചാര്യർ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ പറയും സാമ്യം അവിടെ തന്നിലൊന്നും തന്നെ ശമിക്കുന്നില്ല എന്ന് വെച്ചാൽ മനസ്സുൾപ്പെടെ ജീവിതമുക്തി എന്ന് പറയുമ്പോൾ അവിടെ എന്താണോ നമ്മൾ കണ്ടുപിടിക്കുന്ന ശമതമാതി അതൊന്നും കൂടെ പരിഗണിക്കുന്നില്ല അപ്പൊ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല തന്റെ മനസ്സ് ശമിക്കുന്നില്ല ലോക ശമിക്കുന്നില്ല ഒന്നും ശ്രമിക്കുന്നില്ല എല്ലാം നടന്നു പോകുന്ന പോലെ സമം ഉപസമ ഏതൊരു വിഷയമായാലും ശരി അത് അവസാനിക്കുക വിജയിക്കുകയോ നശിക്കുകയോ വെച്ച് കഴിഞ്ഞാൽ സമവു പറയുക ശങ്കരാതിരി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായ സമതമാദികളോടുകൂടി ക്തൻ ലക്ഷത്തി ജീവിക്കണമ അവിടെ വളരെ കശനമായ നിഷ്ഠ വേണം വിശമ്മതമാര അവിടെ സന്യാസിയാണ് കർമ്മങ്ങൾ തെളിച്ചവനാണ് അപ്പം അവിടെ ഉപശമം സന്യാസത്തിൽ ഉപശമം നടത്തം എന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിൽ കർമ്മങ്ങളുടെ ത്യാഗം തന്നെ ഒരുപമമാണ് മനസ്സ് ശ്രവണമലണ ആദി വിഷയങ്ങളിൽ അല്ലാതെ മറ്റൊന്നിനും പോകാതിരിക്കുന്ന ഉപസമ ഇവിടെ അകലാ പ്രത്യേകിച്ച് സമുത നാപ്യന്തർനാപ്യബാഹ്യമാണ് തിഷ്ട എല്ലാട്ട് യോഗികളെ പോലെ ഭാഷ്യബോധമില്ലാതെ അന്തഹത്യഷ്ടോഗി അങ്ങനെയാണ് പുറമേ ഉള്ള പറയുന്നത് കണ്ണടച്ച് അന്തർമുഖനായി സ്ഥലം അതാണ് അന്തഹത്വ്ഠ അങ്ങനെ ഇരിക്കുന്നില്ല നാവിയും ഭാഷയവധിഷ്ഠി എന്നാൽ എല്ലാം വിട്ടിട്ട് വളരെ ബഹിർമുഖനായി നിരന്തരം ഇതിന് നേരെ വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്താ ഇവിടേത് ലോകത്തിന്റെ ധാരണ തിരത്ത് വരും സദാസമയവും ബഹിർമുഖനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയില്ല അല്ലെങ്കിൽ സദാസമയം അന്തർമുഖനായിരിക്കണം അങ്ങനെയില്ല ഈ രണ്ടു പക്ഷത്തുമുണ്ട് ഇപ്പോൾ എന്തായിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉള്ളിലന്നോ പുറമേന്നോ ഉള്ള ധാരണകളൊന്നും ഇല്ലാതെ സ്വാഭാവികമായി എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമായി തന്നെ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതൊക്കെ സമാധിയുടെ കാര്യം പറയുമ്പോൾ അതെല്ലാം പറയും ഇവിടെ ജീവൻ മുക്തന്റെ കാര്യം പറയും അത് യോഗവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അങ്ങനെ പറയും ഇതൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് വരൻ മരിയാൻ മരുഷൻ എന്നൊക്കെ പറയുന്ന യോഗ സമാധി ഒരാളങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതും ആശിഷ്ടത്തിയുള്ളതല്ലേ ഇതും മാസിഷ്ടത്തുള്ളവര് ഇങ്ങനെയൊരു കാഴ്ചപ്പാടുള്ളത് അങ്ങനെയൊരു കാഴ്ചപ്പാടു നിങ്ങൾ ഈ രണ്ട് പരിപാടിയും കൂടെ ഒരേ സമയം വയ്ക്കുന്ന സമയത്ത് ഇതാണെന്നും അല്ലെങ്കിൽ ആ പരിപാടികളാണ് രണ്ടും കൂടെ ഒരേ സമയമായിരിക്ക ശല്യപ്പെടുത്താനുള്ളത് അതിന് ഒരു സമയം വയ്ക്കുന്ന ഏതെങ്കിലും ഒരു സമയം വയ്ക്കണമെങ്കിലും ഇതടക്കണം തന്നെ അതൊന്നും നടത്തുക ഇതാ ശരിയാകുന്നു നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നെ വരയ്ക്കുക എന്നുള്ളതാണ് എന്തിനായിട്ട് അത് കാണിക്കണം എങ്ങനെയായിരുന്നു സംസാരിക്കുകയാണെങ്കിൽ ഒരാൾക്കി ബഹളത്തിന്റെ ഇടയ്ക്ക് എന്ത് സംസാരിക്കുകയാണെങ്കിൽ ഇതെന്തും മര്യാദയോടാണ് കാണിക്കുന്നത് ഇത് നാ മാറ്റിവയ്ക്കുക അല്ലെങ്കിൽ അത് മാറ്റിവെക്കുക അടുത്ത് അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരു സമയത്താവുമ്പോഴാണ് അവരെ അതിനോട് പൊരുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ ഇത് സംസാരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കാണിക്കുന്ന മര്യാദകളാണ് ഇത്രയും മോഹം ഇത്രയും വേളത്തിന്റെ ഇടയ്ക്കി സംസാരിക്കും കഴിഞ്ഞ ദിവസമായിരുന്നു ഞാൻ അതിന്റെ ഒരു അവസ്ഥക്ക് എങ്ങനെയായിരിക്കും ഇത് വേണ്ടെന്ന് നോക്കി ഏതെങ്കിലും ഒന്നുമില്ല അവരും ഉച്ചത്തിൽ പറയുന്നത് അവർക്ക് ഇത് അവരെ ശല്യപ്പെടുത്തില്ല പക്ഷെ എനിക്ക് ഏകാഗ്രതമായി ഒരു വിഷയമാണ് അപ്പൊ നിരന്തരം പൊക്കെ ശബ്ദം ഉണ്ടായിക്കൊണ്ട് പിന്നെ അത് പറ്റത്തില്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആരെയും ചോദിച്ചാൽ കേൾക്കാൻ പറ്റത്തില്ല ഇതൊക്കെ എന്തായിരുന്നു ഏത് കാര്യങ്ങൾ വേണ്ടും മരിയാ പറയുന്നു ഇവിടെ ആർക്കും ബോധമുണ്ട് ബോധമുള്ള ഒരു മനുഷ്യയിലൂടെ ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയപ്പോലും ഈ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു കോൺഫ്ലിക്ട് തരത്തിൽ for me. പറയുന്നില്ല സ്വാമീതാഭ്യന്തരനാ വിവാഹിക്കുവാ ഇത് പ്രത്യേക അവസ്ഥയെക്കുറിച്ച് പറയും അന്തർമുഖനല്ല എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ സ്വാഭാവികമായ സ്ഥിതി അയാൾ കൃത്രിമമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇന്ദ്രിയങ്ങളെ മനസ്സിനെയൊക്കെ പിടിച്ചടക്കി മാധിസ്ഥനാകാ അല്ലെങ്കിൽ ഇതെല്ലാം വിട്ടിട്ട് ദൗർമുഖനായി പ്രവർത്തിക്കുന്നില്ല ഇത് രണ്ടുമില്ല എന്നുവെച്ചാൽ അതൊരു സ്വാഭാവികമായ സ്ഥിതി ഇത് പ്രത്യേകം പറയുന്നത് ഒരു മനസ്സിൻ്റെ ഒരു ഇതാണ് മനസ്സ് എന്താണ് ഈ ഇവിടെ വ്യക്തിത്വം വ്യക്തമായി പറയുന്നത് ജീവൻ മുക്തി എന്നൊക്കെ പറയുന്നു മനസ്സിന്റെ ഒരവസ്ഥയാണ് ആത്മാവിനെ ഒന്നും ബാധിക്കത്തില്ല ഇപ്പൊ മനസ്സെങ്ങനെയായിരിക്കും മനസ്സിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും ആ കാര്യങ്ങൾ പറയും നജ നൈഷ്കർമ്മി നജ കർമ്മണി മഞ്ജലി ചന്ദ്രയേവ് നിരന്തരം പറയുന്നത് ഈ നൈഷ്കർമ്മ്യത്തെ കുറിച്ചാണ് സന്യാസം ഒന്നുമില്ല നൈഷ്കർമ്മ്യമാണ് നൈഷ്കർമ്മ്യ സിദ്ധിയൊ കർമ്മവും ഞാനും ഒരുമിച്ചു പോകത്തില്ല എന്നുള്ള നിലപാട് ഇവിടെ പറയുന്നു ഇന്നലെ നൈഷ്കർമ്മ്യമാകത്തെ നൈഷ്കർമ്മ്യത്തെ സ്വീകരിക്കുകയില്ല എന്നിട്ട് സന്യാസത്തെ പാടെ തിരസ്കരിക്കുന്നവരെയുള്ള സന്യാസി അതുകൊണ്ടാണ് പലപ്പോഴും സന്യാസത്തെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നു സന്യാസത്തോട് വിനോദമാണ് ഇവിടെ പറയുന്ന നൈഷ്കർമ്മ്യം പ്രസിദ്ധമായിരിക്കുന്ന നൈഷ്കരമ്യം സർവകർമ്മ സന്യാസ് അതിനെ സ്വീകരിക്കുന്നില്ല അപ്പൊ അതിനെ സ്വീകരിച്ചുകഴിഞ്ഞാൽ എന്തെ ഉപശമമാണ് ഉപരത്തിയാണ് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് നിഷ്കർമ്മി മാതത്തെ കർമ്മണി മജ്ജത്ത് എന്ന് വിചാരിച്ചയാള് കർമ്മങ്ങളിൽ മുഴുകുന്നുണ്ടോ അയാള് കർമ്മങ്ങളിൽ മുഴുകുന്നുണ്ട് അതും ചെയ്തില്ല ഒരു നിയന്ത്രണമില്ലാതെ വ്യവഹാരങ്ങളിൽ മുഴു മഞ്ചതി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മുഴുകുക എന്നുള്ളതാണ് പ്രവൃത്തികളിൽ മുഴുക എന്ന് പറയുന്നതുമില്ല എന്നാൽ സർവധർമ്മത്യാഗം അതും എന്ന് വെച്ചാണ് ഒരു വ്യക്തിയുടെ ഒരു സ്വാഭാവികത സ്വാഭാവികമായ രീതിയിൽ അതിജീവിക്കുന്നു എന്നല്ല സങ്കടായക ജ്ഞാനം ഇതുമായിട്ടൊത്തു പോകുന്നതാണ് സംഘടായകർ പറയുന്ന സന്യാസം ഇതുമായിട്ട് ഈ വരും നൈഷ്കർമ്മ്യം സ്വീകരിക്കുന്നില്ല എന്നുള്ള നൈഷ്കർമ്മ്യമാണ് സന്യാസി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് രാമനോട് ഇങ്ങനെ പറഞ്ഞാലേ ഇവിടുത്തെ കഥാപാത്രം സന്നിധിക്കാൻ പോകുന്നതാണ് അയാള് രാജാവായി രാജ്യം ഭരിക്കേണ്ട ആളാണ് അപ്പോൾ മനസ്സിൻ്റെ സ്വാഭാവിക ചേഷ്ടകനുസരിച്ച് എന്നാൽ അത് അതിഥി കിടക്കാറ് മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മഞ്ചതി കർമ്മം എന്ന് പറയുമ്പോൾ അത് അതിരില്ലാത്ത സ്വാതന്ത്ര്യമുണ്ട് നിയമിതമായ സ്വാതന്ത്ര്യം തന്നെ എന്നാൽ സർവകർമ്മ സന്യാസമാണോ അതുകൊണ്ട് ഇതാണ് ജീവൻ മുക്തി എന്നു പറയുന്നത് സംഗ്രഹം എന്ന് പറയുന്നതിനാണ് സർവകർമ്മങ്ങളെയും സർവകർമ്മത്യാഗം അതിലൂടെ യാഗത്തിൽ സാധ്യതകളെ കത്തി രണ്ടു രണ്ട് കാഴ്ചപ്പാടാണ് യോഗത്തെ അംഗീകരിച്ചാണ് അംഗീകരിച്ചിരിക്കുന്നത് സംഗ്രഹാരി യോഗത്തെ അംഗീകരിക്കുന്നത് പക്ഷേ ശമ്മതമാദികളെ അംഗീകരിക്കുന്നത് സന്യാസി ശമതമാദികളിൽ തന്നെ ജീവിക്കണം എന്ന് നിർബന്ധമുണ്ടത്വജ്ഞാനത്തിന്റെ പ്രാപ്തിക്ക് വേണ്ടി മുമ്പും ബ്രഹ്മജിജ്ഞാസയ്ക്ക് മുമ്പിൽ തന്നെ സ്വീകരിച്ച ശമതമാദികൾ ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മവിചാരം ബ്രഹ്മജ്ഞാനപ്രാപ്തി അതിനുശേഷം തുടരണമെന്ന് നിർബന്ധമുണ്ടാകാണ് ഈ സങ്കരീക്ഷം അപ്പൊ കർമ്മസന്യാസം കൂടിയേ തീരും കർമ്മസന്യാസത്തിന് അധികാരിയായിരിക്കുന്നതിന് മാത്രമേ ബ്രഹ്മവിചാരത്തിന് അധികാരമുള്ള ശങ്കരായ കാഴ്ചപ്പാട് സന്യസി ശ്രവണം കൂടിയാ ആദ്യം കർമ്മങ്ങളെ സന്യസിന്നെ ശ്രവണമനകം ഇതാണ് ഇതാണ് ശങ്കരായ ശ്രമത്തിന് അത്ര വലിയ പ്രാധാന്യം കൊണ്ട് ഇവിടെ പറയുന്നു എന്നൊരു സമയം എനിക്ക് അതിന്റെ കാരണം ശങ്കരാചാ ഭാഷ്യവൃത്തിക്ക് പ്രാധാന്യം കർമ്മത്തിന്റെ അടയാളങ്ങളെല്ലാം ഉത്തേജിക്കാൻ പറ്റുന്നു ഇതെല്ലാം വിഷയങ്ങളും കർമ്മത്തിന്റെ ഒരു അടയാളമേ പോകാം അപ്പൊ പിന്നെ കർമ്മം സ്ഥിതി ഏറ്റവും ഉപയോഗമില്ലാത്ത ഒരാൾക്ക് കർമ്മം ചെയ്യാൻ പറ്റില്ല നിത്യകർമ്മം പോലെ സാധ്യത അപ്പൊ അതെല്ലാം ഉപേക്ഷിക്കും ഉപേക്ഷിച്ചിട്ടാണ് ഒരാൾ ശ്രവണത്തിലേക്ക് കിടക്കുന്നത് ഇനി അതിലൂടെയായിട്ട് ജ്ഞാനം പ്രാപിച്ചത് ഞാനും വേണം തുടർന്നും ആ നിഷ്ഠയിൽ തന്നെ ജീവിക്കണമെന്നാണ് അതാണ് ഇവിടെ സമ അതാണ് ന്യേത്രം നൈഷ്ക്രമ്യസിദ്ധി പറയുന്നു അത് തന്നെയാണ് വീതനും പറയുന്നില്ല നൈഷ്ക്രമ്യസിദ്ധിയും സന്യാസേനാതികച്ചത് അല്ലാതെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുന്നതിനനുസരിച്ച് സന്യാസം മാനസികത്യാഗമായിരുന്നു ഇവിടെ ഫലത്തിൽ അതെടുത്ത് പറയുന്നെങ്കിൽ ആന്തരികമായും മാനസികമായും ഒരു നിസ്സംഗതയാണ് ബാഹ്യമായി വരുന്ന എന്തെങ്കിലും ഒരു മാറ്റമല്ല ജീവൻ മുക്തന്റെ അടയാളമായി പറയുന്നു യഥാസംഹര ചായ കുർമോ സർവശസ് എന്തെങ്കിലും എന്നൊക്കെ പറയുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ തിരിച്ചുപിടിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ തത്വജ്ഞാനത്തിന് മുമ്പ് ഒരു സാധന എന്നുള്ളതായിരിക്കും മാത്രം കൂടെ പരിഗണിക്കുന്നു ഈ പറയുന്നതൊരു അറിവിന്ദ വെളിച്ചത്തിനാണ് തത്വജ്ഞാനത്തിൽ നൈഷ്പ്രമ്യ സമകർമ്മ സന്യാസം അത് ആവശ്യമില്ല എന്നു ഒരു നിലപാടെന്ന് പറയുന്നത് ആണ് ഇന്ദിരാചാര്യരുടെ വ്യാഖ്യാനവും ആസ്ട്രത്തിനെയും വ്യത്യസ്തമാണ് എന്ന കൂടെ സന്യാസിമാരെ കുറിച്ചൊക്കെ എനിക്ക് പറയും പക്ഷെ ഓരോ പ്രകടനത്തിലും എന്താണ് പറയുന്നത് രാമന് വേണ്ടി രാമനെന്ന കഥാപാത്രത്തിനു വേണ്ടി പറയുന്നതിലാണ് മറ്റു ചിലരുടെ ഉദാഹരണങ്ങളൊക്കെ പറയും അതുകൊണ്ട് നൈഷ്കർമ്മ്യം എന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ബാഹ്യമായും ഇവർ മാറ്റുകൾ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമങ്ങൾ ഈ വാശി ചെയ്യുന്നത് ശങ്കര പരമ്പരയിൽ തന്നെ ശങ്കരപരമ്പര എന്ന് പറയുമ്പോൾ അത് കുറച്ച് പരമ്പരമായിട്ട് ബന്ധപ്പെട്ടാണ് ഉദാസീന സമ്പർക്കം അതിന് ഒരാൾക്കാർ ഇങ്ങനെ ഒരു നിലപാടാസ് ഉദാസീനം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഉദാസീനനായിരുന്നു ഇത്തരം കാര്യങ്ങൾക്ക് അമിതമായ ഗൗരവം കൊടുക്കാതിരിക്കുക ഇന്ദ്രിയ എന്ന് പറഞ്ഞ് കഠിനമായ മലപ്പിടുത്തം നടത്താതിരിക്കില്ല എന്നാൽ ഭൗതിക ആസക്തിയോടുകൂടി വ്യവഹാരങ്ങളിൽ മൊഴി പോകാതിരിക്കില്ല അങ്ങനെ ഇരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഗൃഹസ്ഥ ജീവിതമായാലും സന്യാസി ജീവിതമായാലും ഒരുപോലെ ഉദാസീന സന്യാസിമാരും സന്യാസ ജീവിതത്തിൽ ഗ്രഹസ്ഥ ധർമ്മം അനുഷ്ഠിക്കും എന്നല്ല ഗ്രഹസ്ഥൻ ഗൃഹത്തിന്റെ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കും സന്യാസ ജീവിതത്തിൽ സന്യാസത്തിന്റെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കും പക്ഷെ അങ്ങനെ അവന് മറുക്കടം മുഷ്ടിക്കും തന്നോട് തന്റെ മനസ്സിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടികളാണ് അപ്പോൾ അയാൾ ഉദാസീംതായിരിക്കുന്നതിന്റെ ഫ്രീ ആയിരിക്കും ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ മനസ്സിന്റെ നിയന്ത്രണത്തിന്റെ യോഗികൾ പറയുന്ന പോലെ അതുകൊണ്ടുണ്ടാക്കുന്ന ആന്തരികമായ സംഘർഷം ഒഴിവാക്കും അതാണ് ഉദാസീതം ആന്തരികമായ സംഘർഷത്തെ ഒഴിവാക്കുകയാണ് ഇവിടെയും ഉദ്ദേശിച്ചത് സർവധർമ്മ സന്യാസത്തിന് പോയാലും ഈ പ്രശ്നമാണ് അന്ന് സർവകർമ്മങ്ങളെയും എന്താണ് ഉപേക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ കുറെക്ക് ഉപേക്ഷിക്കാം പക്ഷെ സർവകർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കും അസ്തു ജാതി ഇഷ്ടത്യാകർമ്മ കർമ്മം ചെയ്യാതെ ലോകത്ത് ഇരിക്കുന്നേയില്ല ജീവിക്കുന്നേ ഇല്ല അപ്പൊ എന്തെങ്കിലും പ്രവർത്തി ചെയ്തേ പറ്റും സർവകർമ്മ സന്യാസത്തിന് പോകുന്നവന് ആകെ പ്രശ്നമാണ് ഇങ്ങനെ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറ്റും അങ്ങനെ സംഘർഷമാണ് യുവതിവിധം കർമ്മങ്ങളെ ഉപേക്ഷിച്ചാലും രക്ഷാടനം അല്ലാതെ അത് ചെയ്തല്ലേ പറ്റും അപ്പം വീണ്ടും കർമ്മം വന്നു അപ്പോ ഇവിടെ പറയുന്ന സിദ്ധാന്തത്തിൽ തന്നെ ആന്തരികമായൊരു കോൺഫ്ലിക്റ്റ് സഞ്ചര പറയുന്ന സിദ്ധാന്തത്തിൽ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കാൻ പറയും എന്നാൽ ഭിക്ഷാടനം ചെയ്യാനും ഭിക്ഷാടനത്തിനുവേണ്ടി യാത്ര ചെയ്യാൻ പറ്റും അതുപോലെ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു കർമ്മങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവന് പോലും ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരുവാൻ പോലും അവിടെ പിന്നെ അതിനെ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറയുന്നു അത് അസത്യമാണ് അതിനായിട്ട് അസത്യം എന്ന് അറിയുക തന്നത് കർമ്മങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നറിയുക എന്ന് പറയുന്ന ആശയവാദത്തിൽ അവർ കൊണ്ടുവരോധത്തെ എന്താണ് അകർമ്മകർക്കാണ് ആത്മാവൻ കർമ്മമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മം ചെയ്താലും പ്രശ്നമൊന്നും അപ്പൊ അവിടെ ഒരു പ്രശ്നമൊന്നും അങ്ങനെ ആത്മാവിന്റെ കർമ്മം ഇല്ലെങ്കിൽ പിന്നെ ഏത് കർമ്മം ചെയ്യാൻ ഏത് കർമ്മം ചെയ്യേണ്ട അത് അവരോട് തീരുമാനിച്ചുകൊണ്ട് വിക്ഷമടക്കും അതെന്താ ചെയ്യാൻ അനുവദിക്കുന്നത് അവനോട് അനുവാദം അത് കർത്തൃത്വ ഭോക്തൃത്വ ബുക്ക് ുദ്ധിയില്ലാതെ ചെയ്യാവുന്നതാണ് വൈദിക കർമ്മം പോലെ അങ്ങനെ ചെയ്യാവുന്ന എന്തെല്ലാം പ്രവൃത്തികളുണ്ട് മനുഷ്യന്റെ ലൗകിക കർമ്മങ്ങൾക്കൊന്നും കർത്തൃത്വം ഭോക്തൃത്വം ബുദ്ധി നിർബന്ധമില്ല വൈദിക കർമ്മങ്ങൾ അപ്പം ലൗകികമായ എല്ലാ കർമ്മങ്ങളും അപ്പോൾ റെസ്ട്രിക്ഷൻ ഉച്ചാടനേ ചെയ്യാവും വേറൊരു കർമ്മം ചെയ്യാൻ എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് അപ്പറയുന്നത് യാതൊരു അർത്ഥമുണ്ട് കാരണം വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ലാത്തവരെ മനസ്സിലാക്കുക എന്തുകൊണ്ട് അവിടെ കർത്തൃത്വം ഭോക്തൃത്വം ബുദ്ധി വരുന്ന മാത്രമേ ചെയ്യാൻ പറ്റൂ കാരണം അത് വിഹിതമാണ് വിധിയുടെ ഭാഗമാണ് കർത്തൃത്വം ഭക്തം കൊണ്ട് അതെല്ലാം സാധാരണ ലൗഹി കർമ്മങ്ങളുണ്ടല്ലോ അത് വിധിച്ചിട്ടുള്ളതല്ല അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് കർത്തൃത്വം ഭോക്തൃത്വവും വിഹിതമല്ല ഏതെങ്കിലും ഒരു നിയമത്തിലൂടെ അത് വന്നു ചേർത്തില്ല അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാവില്ല പക്ഷെ അതങ്ങില്ല അതും ചെയ്യാൻ പാടില്ല അതൊരു വാശിയാണ് അതും ചെയ്യേണ്ട പിന്നെയോ ഭിക്ഷാടനവും വരുന്ന ഒരു കർമ്മം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആശയവൈരുദ്ധ്യം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വാശി പിടിക്കേണ്ട കാര്യം ലൗകികമായ കർമ്മങ്ങൾ എന്ന് മാത്രമല്ല വൈദികമായ കർമ്മങ്ങൾ വേണം അങ്ങനെ ചെയ്യുക എന്തുകൊണ്ടുകൂടെ ഉപദേശിക്കുന്ന വസിഷ്ഠൻ സന്യാസിയ പുരോഹിതനാണ് പൗരോഹിത കർമ്മം ചെയ്യുക കർമ്മത്തോടുള്ള മനോഭാവങ്ങൾ വരും അപ്പോൾ സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചവൻ ഭിക്ഷാടൻ ചെയ്ത് അതിനെന്ത് ന്യായീകരണം പറയും ശങ്കരത്തെന്ത് ന്യായീകരണം പറയാമോ എന്ത് ന്യായീകരണ പറയും നിങ്ങൾ പഠിച്ചതിൽ നിന്ന് എന്താ പറയുന്നത് സർവകർമ്മ സന്യാസികം ചെയ്യുന്നത് ഭിക്ഷാടനമാണ് ഈ പറയുന്നതിന് ന്യായീകരിക്കില്ല അതിനുള്ള യുക്തി എന്താണ് ആർക്കൊന്നും തോന്നില്ല അത് ശരിയാണ് പക്ഷെ ശങ്കരായത്തിൽ പറയുന്ന ഒരു യുക്തിയുണ്ട് ഈ പറഞ്ഞത് ശരിയാണ് ഗണകത്തിന് വേണ്ടി അത് ചെയ്യുന്നു ശങ്കരവിടെ ഒരു യുക്തി പ്രയോഗിക്കുന്നുണ്ട് പ്രാരബ്ധങ്കരാ പ്രാരബ്ധമാണ് വ്യക്തമായി പറയുന്നുണ്ട് അത് പ്രാരബ്ധത്തിന്റെ ഭാഗമാണ് പക്ഷേ എന്നുവെച്ചാൽ വിഹിതമായൊരു കർമ്മമല്ല അതൊക്കെ ഉപയോഗിച്ച് അപ്പോ പ്രാരബ്ധെന്ന് പറയുന്നത് എന്താണ് ആരബ്ധമായ കർമ്മമാണ് പൂർവ ജന്മങ്ങളിൽ നിന്ന് സമ്പാദിച്ച ആ സംഗീത കർമ്മത്തിൽ നിന്ന് ശേഷിക്കുന്ന ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന ആ പ്രാരബ്ധ കർമ്മത്തിന്റെ ഭാഗ്യപാത്രമാണ് ഈ ഭിക്ഷാടനം എന്നാണ് പറയുന്നത് മറ്റു കർമ്മങ്ങൾ എന്താണ് പറയുന്നത് മറ്റു കർമ്മങ്ങളുടെ അവിടെ അത് വിഹിതമായതുകൊണ്ട് എന്താണ് അവിടെ വിഹിതാനാം കർമ്മ വിധിവനെ പരിത്തിരിക്കാം അമീതമായ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു കാരണം വിഹിതമല്ലാത്ത അമീതമെന്ന് വെച്ചാൽ നിഷിദ്ധകർമ്മ നിഷിദ്ധ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നേരത്തെ പറഞ്ഞു കാരണം ശമതവാദികളെ സ്വീകരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു നിഷിദ്ധ കർമ്മങ്ങൾ അങ്ങനെ അതാണ് ഞാൻ ഞാൻ ചോദിക്കുന്ന ആ കാര്യമാണ് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി പ്രാരബ്ധ രൂപത്തിൽ ഈ കർമ്മം വരുന്നത് കൊണ്ട് ഭിക്ഷാടനം പ്രാരബ്ധർമ്മ തത്വജ്ഞാനി ചെയ്യുന്ന പ്രവൃത്തിയാക്കും ഒരേ ഒരു സമാധാനുള്ള സംഗ്രഹർക്ക് പറയാം പ്രാരബ്ധം വരുന്നില്ല ആ പ്രാരബ്ധത്തിൽ ആകെ വന്നിരിക്കുന്ന ഒരു കർമ്മം വിക്ഷാടങ്ങൾ വരെ ഒരു കർമ്മമില്ല അവിടെയാണ് പറയുന്നതിന് വരുന്നവരുമായി കാരണം പ്രാരബ്ധമായ രൂപത്തിൽ സ്വാഭാവികമായ ശരീരചേഷ്ഠകളെല്ലാം വരുന്നുണ്ട് ഉണ്ണുക ഉറങ്ങുക കുളിക്കുക തുടങ്ങി ഒരുപാട് പ്രവൃത്തികൾ വരുന്നു ശൗച ആചാരങ്ങളെല്ലാം പാലിക്കണമെന്ന് പറയുന്നതും പ്രാരബ്ധത്തി വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ വിഹിതമല്ല പ്രാരബ്ധ രൂപത്തിൽ വന്നു ചേരും പരോപകാരപ്രവൃത്തികൾ പോലെയുള്ളതെന്തുകൊണ്ട് ചെയ്യുന്നത് പരോപകാരപ്രവൃത്തിയാണ് സ്വാർത്ഥപരമായി പ്രവർത്തിക്കുന്നു തനിക്ക് വേണ്ടി ചെയ്യുന്നുരോഭകരമായ പ്രവർത്തിക്കുന്ന എന്താ അതും പ്രാരബ്ധമായിരുന്നു ഇത് പാടില്ല എന്നാണ് ചെയ്തതായിരുന്നു ഭിക്ഷാടനവും പിന്നെ ശാരീരിക ചേഷ്ടം പോലെയുള്ള കാര്യം അത് വേണമെന്നും പറയുന്നു ശുചിത്വം കുളിക്കുക വല്യയാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് പറയുന്നില്ല അതെല്ലാം പറയുന്നു അതുപോലെ പരോപകാരപ്രവൃത്തി എന്തുകൊണ്ട് ചെയ്യുന്നുണ്ട് അത് അംഗീകരിക്കേണ്ടി വരും പക്ഷെ അവിടെ സംവിധായ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് അങ്ങനെയുള്ളവരും ക്രമത്തിൽ ചെയ്യാൻ പാടില്ല ഒരെട്ട് പ്രവൃത്തി പാടുകൾ ഭിക്ഷാടലം ബാക്കിയുള്ള എല്ലാ ശാരീരികമായ കർമ്മങ്ങളും ചെയ്യാം അധ്യാപനം അധ്യയനവും എങ്ങനെ ശരിക്കും അധ്യപ അധ്യായനം അധ്യാപനം എന്ന് പറയുന്നത് പഴയകാലത്ത് പറഞ്ഞിരിക്കുന്ന സങ്കരാ നിഷേധിച്ച് വേദ അധ്യാപനമാണ് നമ്മളീ പറയുന്നത് ഞാൻ ഇതുവരെ പ്രസവം വെച്ച് വേദം ഒരു ഉപാധ്യായ തൻ്റെ അടുത്ത് വരുന്ന ബ്രഹ്മചാരികൾക്ക് വേദം ചെയ്തു കൊടുക്കുന്നതിനാണ് പഴയകാലത്ത് അധ്യാപനം അങ്ങനെ വേദം കേട്ടു പഠിക്കുന്നതിനെയാണ് അധ്യയനം എന്ന് പറഞ്ഞു അതും നിഷേധിച്ചിട്ടുണ്ട് സന്യാസി അത് പാടില്ല എന്ന് പറയും പിന്നെ പ്രത്യേക എടുത്ത് പറയുന്നില്ലെങ്കിലും ശങ്കരായു പറയുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിലും അങ്ങനെ ഇരിക്കുന്ന ഒരു സന്യാസിയുടെ അടുത്ത് വന്ന് ആരെങ്കിലും ആത്മവിഷയമായ സംശയങ്ങൾ ചോദിച്ചാൽ അത് പറഞ്ഞുകൊടുക്കാമെന്ന് അർത്ഥം കിട്ടുന്ന കാര്യമാണ് അങ്ങനെ ചെയ്യണമെന്ന് ശങ്കരായത് പറയുന്നില്ല ബോധപൂർവം പറയാത്തില്ല അത് അർത്ഥാപത്തിയിലൂടെ കിട്ടുന്ന ഒരു കാര്യമാണ് ശങ്കരായു നേട്ടു പറയും ശ്രുതി പറയുന്നതാണ് ശ്രോതിരിയും ബ്രഹ്മനിഷ്ഠം ആയ ഗുരുവിനെ സമീപിക്കണം ആ ഗുരുവിൽ നിന്ന് കേൾക്കണം എന്നൊക്കെ പറയുന്നു അവിടെ ഗുരു എന്ന് പറയുമ്പോ ആ ഗുരു സന്യാസി ആയിരിക്കണം എന്ന് പറയുന്നില്ല ഗുരുവിനെ അസമീപിക്കണമെന്ന് പറയുമ്പോ ഗുരു സന്യാസിയാണെന്ന് അവിടെ പറയുന്നില്ല ഉപനിഷത്തിൽ നിന്ന് വേദത്തിൽ തത്വം മനസ്സിലാക്കിയ ഗുരു എന്നെ പറയുന്നത് അന്നത്തെ പറയുമ്പോഴത്തേക്ക് വേദാധ്യനം ചെയ്ത പോലെ തന്നെയാണ് മുന്നോട്ടെന്ന് പറയുന്നത് നന്നൊക്കെ ആ ഒരു രീതിയിൽ ഇന്ന് നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യും സംഗ്രഹർ വേറെ ഒരു കർമ്മവും അങ്ങനെ ഞാൻ ഉപദേശിക്കുക വ്യാഖ്യാനിക്കുക പ്രസംഗിക്കുക ഇങ്ങനെയുള്ള ഒരു കാര്യവും സംഗ്രഹന അംഗീകരിച്ചിട്ടില്ല കാരണം ഭിക്ഷാടനം മാത്രം പറയും ബാക്കിയെല്ലാം നിഷേധിക്കും പക്ഷെ ഈ വിദ്യ എന്ന് പറയുന്നത് പരമ്പരയിലൂടെ മുമ്പോട്ട് പോകുന്നതാണ് അപ്പൊ അവനെ പരമ്പരയിലൂടെ വിദ്യ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തേ പറ്റു അപ്പോ ആരാണോ ഇതെന്താ അറിവിനെ നേടുന്നത് അവൻ നേരത്തെ തന്നെ സന്യസിച്ചവനാണ് സന്യസിച്ചിട്ട് അറിവ് നേടി അപ്പോ ഇത് ആരെങ്കിലും ചോദിച്ചവന് പറഞ്ഞു കൊടുത്തേ പറ്റു പക്ഷെ ഒരു വ്യത്യാസം ഇന്നത്തെ പോലെ അല്ല ഇന്ന് വ്യത്യാസം എന്താണ് ആരെങ്കിലും പറയാൻ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കണം പറയാൻ ആഗ്രഹിക്കുന്ന ആളിന്റെ അടുത്ത് അവർ ചെല്ലണമെന്ന് നിർബന്ധമില്ല പണ്ടങ്ങനെയല്ല ആരൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അത് പറയുന്ന ആളിന്റെ അടുത്ത് എണ്ണണം അഭികച്ച് അങ്ങോട്ട് ചെയ്യണം അല്ല ഗുരുവരിങ്കിലും ശിഷുവിന്റെ അടുത്തേക്ക് പോകത്തില്ല ശിഷ്യൻ ഗുരുവിന്റെ അതാണ് പഴയ വ്യവസ്ഥ എങ്ങനെയാണ് പ്രത്യേകിച്ചും ശബ്ദത്തിലൂടെയാണല്ലോ ആശയം കൈമാറ്റം എഴുതുകയോ റെക്കോർഡിങ്ങോ ഒന്നും പണ്ടില്ലല്ലോ അപ്പം ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നതൊക്കെ വളരെ ക്ലിയറാണ് അവിടെ നൈഷ്കർമ്മ്യമെന്ന് പറയുമ്പോൾ ഭിക്ഷാടനമല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കുന്നില്ല പക്ഷേ വിദ്യ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞുകൊടുത്തേ പറ്റും അത് നമുക്ക് അർത്ഥാപത്യ പ്രമാണത്തിലൂടെ മനസ്സിലാണ് എന്നിവ അതിലൂടെ ഏതെങ്കിലും ഒരു കർമ്മത്തെ അംഗീകരിക്കുന്നത് ഞാൻ പറയുന്ന ഭാഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഷമൊക്കെ ശരിക്കും പഠിച്ചാലാണ് അംഗീകരിക്കുന്നത് സംശയം പക്ഷേ അതിനെ അംഗീകരിക്കുന്നില്ല അവിടെ പറയുന്ന അങ്ങനെ ഒരു നൈഷ്കമ്യ സദ്യയുടെ ആവശ്യമേ എന്ന് പറഞ്ഞാൽ ഈ ബോധം ആത്മബോധം അതിനത് ഗൃഹസ്ഥാശ്രമിയായിരുന്നാൽ മതി സന്യാസിക്കേണ്ട ആവശ്യമാണ് സന്യാസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഈ സർവകർമ്മ സന്യാസം എന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിന്റെ സന്യാസം ഗൃഹസ്ഥാശ്രമത്തെ വീഴ്ചയേണ്ട കാര്യമുണ്ട് അപ്പൊ ശങ്കരായ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇവിടെ താളം തെറ്റുകയാണ് ശങ്കരാചാര്യ പറയുന്നത് ഏറ്റവും ബെറ്ററെന്താണ് ഒരാള് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് അയാള് സന്യസിക്കണം അതിന് വേണ്ട ഒരു യോഗ്യത സന്യാസത്തിന് വേണ്ട ഒരു യോഗ്യതയുണ്ട് പ്രധാനമായ യോഗ്യത കേട്ടില്ല അതുകൊണ്ട് ഞാനൊരു ബ്രഹ്മസൂത്ര ഭാഷത്തിലൊക്കെ പറയും പ്രധാനമാന്ന് പറയുന്ന വൈരാഗ്യമാണ് പ്രധാനമാണ് സന്യാസത്തിൽ ജിജ്ഞാസ എന്ന് പറയുന്ന ജ്ഞാനപ്രാപ്തിക്ക് വേണ്ട യോഗ്യ ഞാൻ ചോദിച്ച സന്യാസത്തിന്റെ യോഗ്യ സന്യാസത്തിന്റെ യോഗ്യതാന്ന് പറയുന്നത് വൈരാഗ്യം എന്താണ് സമുദ്ര ഫലഗോധ വിരാഗം അതാണ് പ്രധാനമായും വൈരാഗ്യമുണ്ടോ അവൻ സന്യാസിന് ഗുരസ്ഥാശ്രമത്തെത്തിരിക്കും എപ്പോ ബ്രഹ്മചാരി ആയിരിക്കുമ്പോ തന്നെ ചന്ദ്രാഹാരം പ്രോത്സാഹിപ്പിക്കും അല്ലാ വൈരാഗ്യം ഉണ്ടായില്ലെങ്കിൽ യഥരേവോ വിരജിതരേവോ ഇത്രപ്രചയതും സംഗ്രഹരംഗീം ദുരസാശ്വതിരായ ശരി സന്യസിക്കണം നിർബന്ധമാണ് എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം ഞാനുമൊക്കെ സമ്പാദിക്കും പക്ഷെ ഇവിടെ തന്ന പറയുന്നത് ഇവിടെ ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ അവന് വേണമെങ്കിൽ സന്യസിക്കാം പക്ഷെ ആ സന്യാസിയെ കുറിച്ചുകൂടെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് പറയുന്നുണ്ട് പക്ഷെ നിർബന്ധമുണ്ട് ഫ്രീയാണ് ശങ്കരാചാര്യപ്പന നിർബന്ധം പിടിക്കുന്നത് സന്യസ്യ ശ്രവണം സന്യസിച്ചിട്ട് തന്നെ ശ്രമിക്കണമെന്ന് പറയുന്നു നഷ്ടസിച്ച് വേണ്ട അവന് ബ്രഹ്മചര്യ ആശ്രമത്തിരുന്നു കൊണ്ട് ശ്രവണം ചെയ്യാം എല്ലാം ഗുരു കാര്യം കൂടെ മനസ്സിലാകും ഒരാള് ബ്രഹ്മചര്യ ആശ്രമത്തിരുന്നു കൊണ്ട് അയാൾ ഈ ശ്രോണം തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അയാൾ സന്യാസി അല്ല ബ്രഹ്മചാരി സന്യാസി ബ്രഹ്മചാരി ബ്രഹ്മചാരിയാവുന്നു സന്യാസിയാവുന്നു കാരണം ബ്രഹ്മചാരിയോ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിന് മുമ്പുള്ള ഒരാശ്രമം മാത്രമാണ് അതുകൊണ്ട് ബ്രഹ്മചാരി ഒരിക്കലും സന്യാസിയാവും ശങ്കരാടെ പക്ഷേ വിശ്വസിച്ചു ്രഹ്മചരി ചിരുന്നുകൊണ്ടൊരാൾക്ക് ശ്രവണം ചെയ്യാം സന്യാസത്തിന്റെ ആവശ്യമില്ല ഇവിടെ പറയുന്നു ഇനി അത് കഴിഞ്ഞ് ഗ്രഹസ്ഥാശ്രമത്തിലെങ്കിൽ പ്രവേശിക്കുന്നു ഇനി ഒരാൾക്ക് ഗ്രഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതിരിക്കാം അത് സന്യാസി ആവണമെന്നില്ല സന്യാസം വേണമെന്നും അവിടെ എന്താ വ്യത്യാസം വരുന്നു ഒരാൾ ബ്രഹ്മചാരിയായിരിക്കുന്നു അയാള് സന്യാസിണം ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അപ്പോ സന്യാസിയായിട്ട് ശ്രവണം ചെയ്യുന്നു രണ്ട് നമ്മളുടെ വ്യത്യാസം എന്താണോ ഇവിടെ പറയുന്ന അനുസരിച്ച് മനസിലാക്കുന്നു ശങ്കരാചാര്യ പറയുന്ന ബ്രഹ്മചാരി സന്യസിച്ചിട്ട് ഈ പണിക്ക് ഇറങ്ങാവുന്നതാണ് ഇവിടെ പറയുന്ന എന്റെ ആവശ്യമില്ല അപ്പൊ ബ്രഹ്മചാരി ീ പറയുന്ന ജ്ഞാനസമ്പാദനക്ക് വേണ്ടി പ്രവർത്തിക്കും അവിടെ സന്യാസിയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് എന്താണ് മനസ്സിലാക്കുന്നു പിന്നെ പറഞ്ഞ ശരിയാണ് ബാക്കി പ്രധാനപ്പെട്ട പോയിന്റ് ലൈക്ക് പറഞ്ഞു അതായത് ബ്രഹ്മചാരി ആശ്രമത്തിൽ പറഞ്ഞിരിക്കുന്ന നിത്യകർമ്മം മറ്റൊരാൾ ചെയ്തുകൊണ്ട് തന്നെ കാരണം ആശ്രമത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ കർമ്മം ചെയ്തത് അപ്പൊ അയാള് ഗഹിതമായ കർമ്മം അനുഷ്ഠിക്കുകയാണ് ബ്രഹ്മചാരി അയാൾക്ക് വിധിച്ചിരിക്കുന്ന കർമ്മം അതാണ് അനുഷ്ഠിക്കുന്നത് രാമാജാരിടെ പേരെ അത് നമുക്ക് അങ്ങോട്ടും പോകണ്ട ആ അതായിരിക്കട്ടെ നമ്മളിപ്പൊ അങ്ങോട്ട് പോകണം അതിന് വിഷയം മറക്കും ശങ്കരാചാര്യ ഇത് അദ്വൈതമാണ് നമ്മൾ ചരിത്ര ഇപ്പൊ ശങ്കരാചാര്യ പറഞ്ഞതിൽ നിന്ന് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കാനാണ് എടക്കും അറിയില്ല അതുകൊണ്ട് ഒരു ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യസിക്കുന്നില്ല എന്ന് പറഞ്ഞാന്റെ അർത്ഥം അയാളുടെ ബ്രഹ്മചരി ആശ്രമത്തിലെ നിത്യകർമാനുഷ്ഠാനം പോലെയുള്ള കാര്യങ്ങൾ എല്ലാ ചെയ്യുന്നു അയാൾക്ക് മരണം വരാങ്ങനെ ജീവിക്കാം നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നതാണ് നൈഷ്ഠികയും വൃത്തിയും ഭാഷകാലം പറയുന്നു അയാള് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നില്ല ഇനി അയാളെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെയും അയാൾ ജ്ഞാനസമ്പാദനത്തിന്റെ പ്രവൃത്തികളുടെ ഏർപ്പെടാം സന്യാസത്തിന്റെ ആവശ്യമില്ല ഇതാണ് ഇവിടെ പറയുന്നത് എന്താണ് നൈഷ്കർമ്മി ആവശ്യമില്ല എന്ന് പറയുന്നതാണ് നൈഷ്കർമ്മി മാതൃത്തെ നൈഷ്കർമ്മ്യത്തെ അയാളെ സ്വീകരിക്കുന്നില്ല രാമൻ ഇപ്പൊ ബ്രഹ്മചാരി രാമൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് എന്ന് ഞാനും നിഷ്ഠയിലിരിക്കാം അങ്ങനെ ആകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് പിന്നീടാണ് ഗൃഹശ്രമം സ്വീകരിക്കുന്നത് ആദിഷ്ടം പറഞ്ഞത് അവസാനിപ്പിക്കുന്ന രാമൻ ഞാന നിഷ്ഠയിൽ നിന്നാണ് അപ്പൊ ഏതാശ്രമ ബ്രഹ്മചേരി ആശയം അപ്പോ ശങ്കരാചാര്യ പറയുന്നതിലും വലിയ വ്യത്യാസമാണ് ഇവിടെ അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ തത്വജ്ഞാനത്തിനോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല ഈ തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം ബാഹ്യമായ ഈ ആശ്രമ ജീവിതങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ്രഹ്മചാര്യം ആ ബ്രഹ്മചര്യവും സന്യാസവും പറയുന്ന ആശ്രമമാണ് ആശ്രമത്തിന് വ്യത്യാസമുണ്ടല്ലോ അത് യോഗവാസിഷ്ടമായിട്ട് ബന്ധമല്ല അത് സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്നതാണ് അത് വാസൃഷ്ടമായാലും ശരി ഇവിടെ താക്കം ബ്രഹ്മചാരി അവന്റെ കർമ്മത്തി സന്യാസി അവന്റെ പ്രവൃത്തിക്ക് ഗ്രഹസ്ഥനാണ് എന്താ പ്രവൃത്തി ചെയ്യുന്നു ഇത് സ്മൃതികളിൽ വെച്ചിരിക്കുന്ന വിഭജനമാണ് അതിന് വ്യത്യാസം എല്ലായിടത്തും ഉണ്ട് ഇവിടുത്തെ വിഷയം അതിനുള്ള വ്യത്യാസമല്ല കാര്യം ചെയ്യുന്നത് തത്വജ്ഞാനം ബ്രഹ്മചര്യത്തിലും ഗൃഹസ്ഥാശ്രത്തിലും ആകാമോ എന്നുള്ളതാണ് ആകാം അതിന് സന്യാസത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ല ഇതാണ് ഇതാണ് ശങ്കരായർ പറയുന്നതിനുള്ള വ്യത്യാസം അതാണ് എന്റെ വ്യത്യാസം ഇനി ബ്രഹ്മചര്യാശ്രമത്തിൽ അത് സന്യാസത്തിനേക്ക് കിടക്കുന്നില്ല അയാൾക്ക് വേദാധ്യനമാകാം വേദാധ്യനത്തിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മചര്യം വേദാധ്യയനത്തിനുള്ള വ്രതമാണ് ബ്രഹ്മേരി പോയ വേദാധ്യനം ചെയ്യാൻ കുഴപ്പമൊന്നും അപ്പൊ വേദാധ്യനം ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇഷ്ടം പ്രസിദ്ധീകരിക്കുന്നത് കർമ്മത്ത് എന്ന് പറഞ്ഞാൽ ശങ്കരായോ ടൈറ്റ് ആക്കുന്നത് അതിനെയെല്ലാം നമ്മുടെ വാസന അതിനെയൊക്കെ ലൂസാക്കും ഫ്രീ ആക്കും തത്വജ്ഞാനത്തെ ആശ്രമങ്ങളോട് ബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഈ തത്വജ്ഞാനത്തിനുവേണ്ടി ഹിമാലയത്തിൽ പോകേണ്ട കാര്യമില്ല അവിടെയൊക്കെ ഇറങ്ങി കിടന്നിട്ട് ഈ പ്രപഞ്ചത്തെ മിഥ്യയാക്കേണ്ട കാര്യമൊന്നും ഇല്ല നിങ്ങൾ ഏത് ജീവിതത്തിലാണോ ഏത് പ്രവൃത്തിയിലാണോ ആ പ്രവൃത്തിയിലിരിക്കുമ്പോൾ തന്നെ ഈ തത്വജ്ഞാനാകാമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് എന്ത് ചെയ്താലും ആകാമോ അത് പാടില്ല അതെടുത്ത് പറയുന്നത് സദാചാരം ജീവിതത്തിൽ ഡിസിപ്ലിൻ വേണം അത് മറ്റൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും ജീവിച്ചിട്ടില്ല തത്വം ഞാനും അത് പറയും ആ ഡിസിപ്ലിന്റെ കാര്യത്തിൽ വളരെ നിഷ്ഠ ഇവിടെ പറയുന്നത് കുത്തഴിഞ്ഞ് ജീവിതമാണ് തത്വം ഞാനും അത് സപ്പോർട്ട് ചെയ്യുന്നു അത് വേണമല്ലോ ഡിസിപ്ലിൻ എന്ന് പറയും ധർമ്മമെന്നും പറയാം പക്ഷെ ധർമ്മം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാത്ത എന്ത് ധർമ്മമാണ് പഴയ കാലത്തെ ധർമ്മം എന്ന് വെച്ചാൽ ആശ്രമധർമ്മം ജാതി ധർമ്മം ഇതൊക്കെ വേറെ വേറെ ഇന്നത്തരം ധർമ്മം എന്ന് പറയുന്ന വാക്കുപയോഗിക്കുന്നതെന്ന് അർത്ഥ സ്വീകരിക്കുന്നു കാരണം ധർമ്മം എന്ന് പറയുന്ന അവിടെ ആശ്രമധർമ്മവും ജാതി ധർമ്മം കിടന്നു ധർമ്മം അതിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ധർമ്മം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന മൂല്യങ്ങളിലാണ് മൂല്യങ്ങളിൽ ഉപയോഗിക്കും അപ്പോ ആശ്രമധർമ്മങ്ങൾ ജാതിധർമ്മങ്ങൾ മൂല്യം എല്ലാം മനുഷ്യന് മാറി വരികയാണ് മനുഷ്യന്റെ മൂല്യബോധവും മാറി വരിക കാലം മാറും അപ്പോ അങ്ങനെ മുഞ്ചബോധം മാറിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാലം ദേശം ഇതൊക്കെ അനുസരിച്ച് ഇപ്പൊ സത്യം എന്ന് പറയുന്നത് അമൂർത്തിയമായ ഒരാശയാണ് അതിന് പ്രത്യേകിച്ച് ഒരു രൂപമല്ല സത്യം എന്ന് പറയുന്നത് ഒരാൾ ഒരാളുടെ വ്യക്തിജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്നു എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതൊക്കെ സത്യം ഇന്നതൊക്കെ അസത്യം ഒന്നും പഴയകാലത്ത് നിർവചിച്ചു വെച്ചിട്ടുണ്ട് അതിന്നു നടക്കത്തില്ല സാധിക്കില്ല കാരണം മനുഷ്യന് അവനെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൂടുതലുണ്ട് മനുഷ്യനിന്ന് സെൽഫ് അവയർനെസ് കൂടുതലാണ് പഴയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് പുരോഗമിച്ചപ്പോൾ അവനവനെക്കുറിച്ചുള്ള ബോധം അവന് ഒരുപാട് മാറിയിട്ടുണ്ട് മാറി വന്നിട്ടുണ്ട് അപ്പൊ സത്യത്തിൽ തന്നെ എടുത്തുകഴിഞ്ഞാൽ എന്താണ് സത്യത്തിൽ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞ് ഇന്ന് മനുഷ്യനറിയാം അത് അസാധ്യമായ കാര്യമാണ് അങ്ങനെ മുറുകെ പിടിക്കാനൊന്നും അറിയാൻ പറ്റത്തില്ല കാരണം മനുഷ്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കള്ളത്തിറ അത് പൂർണ്ണമായും മനുഷ്യന് സ്വന്തം ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ കള്ളത്തരം ചെയ്യാമോ എന്ന് മറ്റുള്ളവരെ ദോഷം വരാറുണ്ട് തനിക്ക് ദോഷം വരാറ് കള്ളത്തിരങ്ങനെ തന്നെ അത് ഒരു മനുഷ്യൻ ചെയ്യാൻ നിർബന്ധിതനായിട്ടും നമ്മളെല്ലാവരും അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതുകൂടെ കൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ സത്യം വേണം എന്ന് പരസ്പരം ബോധിപ്പിക്കുന്നവരാണ് പക്ഷെ നമ്മൾ കള്ളം ചെയ്യാറില്ല ഒന്നാലോശ് കള്ളത്തരം നമ്മൾ ചെയ്യാറ് എന്തുകൊണ്ടും ചെയ്യുന്നു അത്യാവശ്യമായിട്ട് ഒരുമിച്ച് ചെയ്യേണ്ടി വരും ഏ ആ പ്രായവും എന്ന് പറഞ്ഞാൽ ശരി മനുഷ്യർ എങ്ങനെയാണോ ഇന്നതൊക്കെ മനുഷ്യനെ തിരിച്ചറിയാം അപ്പോ സത്യംന്ന് പറയുന്ന മൂല്യത്തെ കുറിച്ചുള്ള ബോധം എന്തുവരുന്നു മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളും മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും സത്യവും ആദരവും പഴയകാലത്ത് ഒരാളെ ആന്തരിക മറ്റൊരാളെ ആദരിക്കുക പഴയകാലത്ത് ആദരവിന് ഒക്കെ ഒരുപാട് തട്ടുകൾ തിരിച്ചിട്ടുണ്ട് അതായത് നിന്റെ മുമ്പ് വയ്ക്കുന്ന ആള് ഉത്കൃഷ്ടനാണെന്നും നീ അപകൃഷ്ടനാണെന്നും തോന്നുകയാണെങ്കിൽ ആണ് ആ വ്യക്തിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ് നമസ്കരിക്കുന്നത് പഴയ നിയമം ബഹുമാനം പ്രകടിപ്പിക്കേണ്ടത് അങ്ങനെയാണ് നീ ആരാണോ ബഹുമാനിക്കുന്നത് ആ വ്യക്തി ഉത്കൃഷ്ടനാണെന്നും നീ നീ സ്വയം തന്നെ എന്താണെന്ന് ഞാൻ അപകൃഷ്ടനാണ് ഇന്ന് അംഗീകരിച്ചിട്ട് വേണം ഒരു വ്യക്തിയെ നമസ്കരിക്കും ഇതാണ് പഴയ നേരം ഇന്ന് ആരോടൊന്നും പറഞ്ഞത് അംഗീകരിക്കും ഇന്ന് ഒരാളും മറ്റൊരു വ്യക്തി ഇന്ന് എത്ര വലിയ ആയാലും ശരി സ്വയം തന്റെ അതിനേക്കാൾ അപകൃഷ്ടനായി അംഗീകരിക്കുക ആദരവെന്ന് പറയുന്നത് എന്താവും അങ്ങനെ ബാഹ്യമായ പ്രകടനത്തിലൂടെ ഇങ്ങനെ ഒരു ഉദാഹരണ ഇന്നുകൊണ്ട് ആദരവ് പ്രകടിപ്പിക്കാൻ മനുഷ്യന് തയ്യാറാവത്തില്ല മറിച്ച് ആദരവെന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലൊന്നും മറ്റൊരു വ്യക്തിയോടുള്ള തന്റെ ആദരവ് നിറഞ്ഞ ഒരു മനോഭാവം അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായിട്ടും ആരുടെയും ഉത്കൃഷ്ടതയും അവകൃഷ്ടതയും പ്രകടിപ്പിക്കാത്ത ഒന്നും വിഷയമില്ല എന്ന് നമ്മൾ സാറിന് ഭാഷിക്കുന്നു ഇത്തരത്തിലൊക്കെ മനുഷ്യന് ആദരവിനെ ഒതുക്കും മറ്റത് പറഞ്ഞുകൊടുത്ത ആരും ഇന്ന് തയ്യാറാവത്തില്ല പഴയ ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കും നീ ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ സ്വയം നീ അപകൃഷ്ണനായിരിക്കണം എന്ന് സ്വയം കരുതണമെന്ന് പറഞ്ഞ് ആരായി നൽകിയില്ല ആദരവെന്ന് പറയുന്ന ആ മാനസികഭാവം മനസ്സിന് സൂക്ഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒന്ന് തെളിവുകയോ എന്തെങ്കിലും ഒരു ചെറിയ ശാരീരിക ചേഷകളിലൂടെ അതിനെ പ്രകടിപ്പിക്കുന്നതിനപ്പുറം ഇന്നത് അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഇന്നത് വലിയ ചർച്ചയാവും ജനങ്ങളത് ചർച്ച ചെയ്ത് വന്നു ഇപ്പൊ തന്നെ എന്താണ് വലിയ വിവാദം ഉണ്ടായിരുന്നു അധ്യാപകരെയൊക്കെ ഇരുത്തിയിട്ട് മുതിർന്നവരെയൊക്കെ ഇരുത്തിയിട്ട് കുട്ടികളെ കൊണ്ട് അവിടെ കാലിൽ ഒഴുകിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമുണ്ടായിരുന്നു ഈ പറയുന്നത് പഴയ സമ്പ്രദായമാണ് സനാതന മൂല്യം സംരക്ഷിക്കാൻ ധരിച്ചിട്ടാണ് ഈ ബോധമില്ലാത്ത മനുഷ്യനും ചെയ്യിക്കുന്നത് ഇന്നത്തെ മനുഷ്യന്റെ അവയർനെസ് മാറിക്കഴിഞ്ഞു ഇന്നൊരു കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ബലാത്കാരമായി അങ്ങനെ ചെയ്യിക്കാൻ പറ്റും പക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ അവനൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ സ്വാഭാവികമായിട്ടൊരിക്കലും ചെയ്യത്തില്ല അവൻ പറയും ഞാൻ ആരെക്കാളും അപകൃഷ്ഠനല്ല ഇന്ന് തുല്യതയാണ് പ്രാധാന്യം അല്ലാതെ ഉച്ച നീചത്വങ്ങൾക്കല്ല വ്യക്തികളും അങ്ങനെ മനുഷ്യന്റെ മൂല്യബോധവും മാറി വരികയാണ് പക്ഷെ പഴയ മൂല്യബോധങ്ങൾ നമ്മൾ അടിച്ചെത്തിക്കാൻ ശ്രമിച്ചാൽ അതിനെ ആൾക്കാർ റെസിസ്റ്റ് ചെയ്യും അത് കാലഹരണപ്പെട്ടാണെന്ന് പറയും പിന്നെ പഴയകാലത്ത് എന്താണ് ആ ബന്ധങ്ങളെല്ലാം പരിഷ്കരിച്ചുകൊണ്ടിരിക്കും മാതാപിതാക്കൾ കുട്ടികൾ ഇന്ന് സുഹൃത് ബന്ധമാണ് ഞങ്ങളുടെയൊക്കെ കൂട്ടുകാലത്ത് അങ്ങനെ പിതാക്കന്മാരൊക്കെ അച്ഛനോടൊക്കെ സംസാരിക്കുന്നതല്ല ഭയമാണ് പേടിയാണ് എന്തുകൊണ്ടാണ് അവരെപ്പോഴൊരു കൃത്രിമമായ ഗൗരവം സ്വയം സ്വീകരിച്ചത് എന്തിനാണ് അങ്ങനെ ഒരു കൃത്രിമമായ ഗൗരവുണ്ടെങ്കിലേ അനുസരിപ്പിക്കാം എന്നൊരു ധാരണയിലാണ് പണ്ട് മാതാപിതാക്ക അത് മക്കൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല കൈയിരുന്ന അപ്പം അത് സൗഹൃദത്തിലേക്ക് വഴിമാറി ഇങ്ങനെ ആ മൂല്യസങ്കല്പങ്ങൾ തന്നെ കാലം മാറും എന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഗുരുശിഷ്യബന്ധത്തിൽ പോലും പലയിടത്തും ഗുരുശിഷ്യ ബന്ധത്തിൽ പോലും ഇതുപോലെയുള്ള മാറ്റങ്ങളാണ് വരുന്നത് ഒരു ശിഷ്യ ബന്ധമെന്ന് പറഞ്ഞാൽ സൗഹൃദം അത്രയുള്ളൂ പണ്ടത്തെ തൃപ്പാദങ്ങൾ തിരവടികൾ ശൈലിയൊക്കെ പോയി ഒരു നൂറ് വർഷം മുമ്പുണ്ടായിരുന്നു അവിടെയും ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ പണി നോക്കാൻ പറയും ഒരു ശിഷ്യനോടും പറയും ശിഷ്യൻ ഗുരുവിനോടും പറയും ഇതെല്ലാം മാറ്റം വരുമെ അപ്പൊ ഇന്ന് മനുഷ്യൻ പരമാവധി ശ്രമിക്കുന്ന എന്താണ് തന്നെ മറ്റൊരാളോട് പൊരുത്തപ്പെടുത്തുക ആ പൊരുത്തപ്പെടുത്തുന്നതിന് വേണ്ടി പരസ്പരം എത്രമാത്രം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റും ഇത്രയും മനുഷ്യൻ ചിന്തിക്കുന്നു അതിനപ്പുറം കൃത്രിമമായിട്ടുള്ള ഇന്നത്തെ മനുഷ്യൻ സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ കൊച്ചു പഠിക്കണം ഞങ്ങളെയൊക്കെ വിട്ടുള്ള കുട്ടിക്കാലത്ത് അച്ഛൻ ഇരിക്കുന്ന കസേരയിലെ നമുക്കിരിക്കാൻ പറ്റില്ല അതൊരു സിംഹാസനം പോലെ വച്ചിരിക്കുന്നത് ഇന്ന് പിള്ളേർ അച്ഛന്റെ തലയായിരിക്കും അപ്പത്തേക്ക് കസേരയൊക്കെ വയ്ക്കാം ഇരിക്കില്ല പേടിയാണ് അത് അച്ഛനുള്ള അത്ര ദൂരവും ബഹുമാനവും ഒക്കെയാണ് അച്ഛനോട് എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ അമ്മയിലൂടെ മാത്രമേ സാധ്യമുള്ളൂ എന്താ നേരിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഇല്ല അതായത് നാക്ക ഇന്നും ആണോ മൂല്യഭോധം മറിഞ്ഞു മൂല്യബോധം മാറുന്നു എന്ന് ചോദിച്ചു നിങ്ങളിതൊന്നും അറിയുന്നില്ല നിങ്ങൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നു ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് തിളയ്ക്ക് വെളിച്ചം വന്നും നടത്തും എന്നെ ഞാൻ പറയും കുറച്ച് പ്രകാശമാണ് തീർച്ചയായിട്ടും കൃത്രിമമായ അടിച്ചേപ്പിക്കുന്ന മൂല്യങ്ങളും ഇന്ന് ആരും അംഗീകരിക്കും മനുഷ്യനെ ഒരു മാറി കൊണ്ടിരിക്കുകയാണ് അത് ഒരു തുറന്ന് മനസ്സാലെ ഒരാൾ കൊണ്ട് അംഗീകരിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ധർമ്മം എന്നുള്ളതിന് പകരം എന്തുകൊണ്ടാണ് ഈ ചർച്ച കൂടെ വന്നത് മുന്നിത്തരയ്ക്ക് പോയി എന്തുകൊണ്ട് മറന്നുപോയി മറന്നുപോയി പൂർണമായും കയ്യിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇന്ന് ഡിസിപ്ലിൻ തന്നെയാണ് പറയാം ധർമ്മം എന്ന് പറയാൻ അതാണ് ഞാനീ പറയുന്നത് അപ്പോ ഞാന് കാര്യം പറഞ്ഞുകൊണ്ടേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചോദിച്ച സംഘം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ഓട്ടെ പക്ഷെ എന്റെ കൂടെ ഇല്ലായിരുന്നേ പറഞ്ഞെന്താണ് എനിക്ക് ബോധമില്ലെങ്കിൽ എന്ത് സംഭവിക്കും മുമ്പോട്ട് പോകാൻ പറ്റുമോ ഓ ഇതെന്റെ മനസ്സിൽ വെക്കണമെന്ന് ഞാൻ പറയുന്ന ഒരു ശാന്തമായ ചുറ്റുപാടുകൾ എന്നിട്ട് അതിൻ്റെ എനിക്കങ്ങനെ ഏകാഗ്രതയോടുകൂടി പറയാൻ പറ്റും അതുകൊണ്ടാണ് ഈ എന്താണ് ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ സമയങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഒരു സ്ഥാപനമില്ലേ എല്ലാം വേണം വേണ്ടെന്ന് ഞാൻ പറയുന്നു ഞാൻ വന്നിരുന്നു തുടങ്ങുമ്പോഴത്തേക്ക് തിരുവാതിരക്കളി മറുവിശത്ത് തുടങ്ങിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല എനിക്കത് കൃത്യമായി എന്റെ പ്രായപിടങ്ങൾ എന്നെ നിങ്ങൾ ബഹുമാനിക്കണ്ട പ്രായത്തേങ്ങനെ നിങ്ങൾ ബഹുമാനിക്കും അപ്പോ എന്റെ എന്റെ ബുദ്ധി എന്ന് പറയുന്ന ജീർണിക്കുന്ന ഒരു ബുദ്ധിയാണ് അപ്പോ ഈ പൂർവാപര ബന്ധത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിൽ നിൽക്കണമെങ്കിൽ ഏകാഗ്രതയോടുകൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ മറ്റ് ഡിസ്ട്രാപ്ഷൻസ് ഒന്നും വരാൻ പാടില്ല എന്നാൽ നടക്കില്ല അപ്പോൾ എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾക്കും പോലെ നിങ്ങളോട് ചോദിച്ചാൽ അങ്ങനെയൊന്നും മനസ്സിലാക്കും പറ്റില്ല എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഇരുന്ന് മുമ്പോട്ട് പോകും അതുകൊണ്ട് ദേവിയെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ ചർത്തി തമ്മിലടുപ്പിക്കൽ ആൾക്കാരെ അപ്പൊ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ ഇവിടെ ഇപ്പോൾ പറയുന്നു എന്നെ സമ്മതി നന്ദർ നാ വിവാഹിയെ വധിഷ്ഠതി എന്നെ നൈഷ്കർമ്മിവാദത്തെ എന്നെ കർമ്മി വായിച്ചതി മനുഷ്യന്റെ മനസ്സിന്റെ സ്വാഭാവികമായ രീതി തത്വജ്ഞാനം കൂടെ ഉണ്ട് എങ്കിലും അവിടെ വൈദികമായ പ്രത്യേകിച്ച് ഷേധങ്ങളൊന്നും കൂടെ ബാധകമല്ലെങ്കിലും മനുഷ്യൻ സ്വയം അവൻ തന്റെ ജീവിതത്തിന് കൽപ്പിക്കുന്ന ഒരു ഡിസിപ്ലിൻ അത് വേണം എന്ന് സദാ ആചാരവും മുമ്പോട്ടു പറയും അങ്ങനെ ഡിസിപ്ലിൻ മനുഷ്യൻ ഉണ്ടായാലും കെട്ടഴിച്ചു കൊട്ട മനുഷ്യൻ ജീവിച്ചിട്ട് പിന്നെ ഈ പറയുന്നതൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല അതെന്താണത് സ്വയംകൃതമായിരിക്കും എന്നുള്ളതോട് സ്മൃതികളിലോ ശാസ്ത്രങ്ങളിലോക്കു പറഞ്ഞിരിക്കുന്ന അനുസരിച്ചായിരിക്കും സ്വന്തം വിവേകം കൊണ്ട് തീരുമാനിക്കുന്നു അതായിരുന്നു കേട്ടില്ല ആദ്യമായിരുന്നു ചോദ്യം പക്വതാണെന്ന് പറഞ്ഞു അത് മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യം എല്ലായിടത്തും എങ്ങനെയായിരുന്നു നമ്മളീ രാജ്യത്ത് ജീവിക്കുന്നു ഒരു രാജ്യത്തെ പോരുന്ന നമ്മുടെ എന്നുള്ള നിലയിൽ നമ്മളുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക അതാണ് ആ രാജ്യത്തിൽ തന്നെ എന്താണ് നമ്മൾ പല രീതി ജീവിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിന്റെ നിയമങ്ങൾ അതിന്റെ ഡിസിപ്ലിനായി സ്വീകരിച്ച് അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ ജീവിക്കാൻ മനുഷ്യർ കുടുംബത്തെ ജീവിക്കും അപ്പോൾ ആ കുടുംബത്തിലെ ഡിസിപ്ലിൻ ഉൽപ്പാദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എന്നാലും അവിടെ അവന് സ്വസ്ഥത ഉണ്ടാവുക അല്ലെങ്കിൽ കുടുംബത്തിൽ ഛിദ്രങ്ങൾ ഉണ്ടാവും നിവ്യക്തി ജീവിതത്തിൽ ഇതൊന്നും അല്ല വ്യക്തി ജീവിതത്തിൽ അവന് ഡിസിപ്ലിൻ സ്വീകരിച്ചു തരികയും എന്നാലും അവന് സ്വസ്ഥതയുണ്ടാവും എന്നാൽ മാത്രമേ ഈ സമൂഹത്തില് സഹവർത്തിവോ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് സാധ്യമാണ് അത്തരത്തിലുള്ള ഡിസിപ്ലിനെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ പഴയ ധർമ്മത്തെ പഴയ ധർമ്മം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വ്യാഖ്യാനിച്ചപ്പോൾ നമുക്ക് പല ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്ക് കിട്ടില്ല ഞാനത് അംഗീകരിക്കത്തില്ല പക്ഷെ എനിക്ക് നിങ്ങളുമായി സഹകരിക്കുന്നതിന് നിങ്ങൾക്ക് എന്നോട് സഹകരിക്കുന്നതിന് വേണ്ട ഡിസിപ്ലിനെന്ന് പറയുന്നത് നമ്മൾ രണ്ടു കൂട്ടം നിർത്തി സൂക്ഷിക്കും അതാണ് ഇന്നത്തെ സദാ ചോദിച്ചത് അത് സൂക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന എന്താണ് അവനന്തർമുഖനല്ല പദർമുഖനല്ല അവൻ നൈഷ്ഠനത്തെ സ്വീകരിക്കുന്നില്ല നജകർമ്മണി മഞ്ജരി എന്ന കർമ്മങ്ങളിൽ മുഴുകുന്നുമില്ല എന്നൊക്കെ പറയുന്ന ഈ ആശയത്തെ മനസ്സിലാക്കും ഇതാണ് ചന്ദ്രൻ പറയുന്നതിൽ നിന്നും വരുന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതാണ് കൂടുതൽ കാലോചിതം ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് സ്വീകാര്യമായിരിക്കുന്നത് ഈ ഉപാസിഷ്ടത്തിൻ്റെ പദ്ധതിയാണ് ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ഒന്നാമത് ലോകമൊന്നും സംഘർഷം ആധ്യാത്മികമായ ജീവിതം സംഘർഷഭരിതമാകാതിരിക്കണമെന്നും ആധ്യാത്മികമായി ജീവിക്കുന്ന ഒരാൾക്ക് ആന്തരികമായി പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആന്തരികമായി ഇവിടെ വശിഷ്ടത്തിലേക്ക് വരികളെന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ പൂർണ്ണ സ്വാതന്ത്ര്യത്തെയാണ് പറയുന്നത് പൂർണ്ണമായും സ്വതന്ത്രനായിരിക്കുക ബാഹ്യമായി അടിച്ചടിച്ചുകൊണ്ട് വിധേയനാവാതിരിക്കുക അങ്ങനെ വിധേയനായാൻ പോയ സംഘർഷം അപ്പോൾ ആത്മീയത നഷ്ടപ്പെടും അതാണ് ഇവിടെ